നാം നിങ്ങൾക്ക് നൽകിയ നല്ല വസ്തുക്കളിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക അതിൽ നിങ്ങൾ അതിരുകടക്കരുത് എങ്കിൽ എന്റെ കോപം നിങ്ങളുടെ മേൽ വരും എന്റെ കോപം ആരുടെമേൽ വരുന്നുവോ അവൻ തീർച്ചയായും അധപതിച്ചിരിക്കുന്നു